അധ്യായം ഒന്ന് മകനായ യോവേലിനുണ്ടായ യഹോബയുടെ അരുളപ്പാട് മൂപ്പന്മാരെ ഇത് കേൾപ്പീൻ ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളീൻ നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ച് പറയണം തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു മദ്യപന്മാരെ ഉണർന്ന് കരവീൻ വീഞ്ഞു കുടിക്കുന്ന ഏവരുമായുള്ളവരെ പുതുവീഞ്ഞ് നിങ്ങളുടെ വായ്ക്ക് അറ്റുപോയിരിക്കൽ മുറയിടുവീൻ ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായ ഒരു ജാതി എന്റെ ദേശത്തിന്റെ നേരെ വന്നിരിക്കുന്നു അതിന്റെ പല്ല് സിംഹത്തിന്റെ പല്ല് സിംഹയുടെ അണപ്പല്ല് അതിനുണ്ട് അതെന്റെ മുന്തിരിവള്ളിയെ ശൂന്യമാക്കി എന്റെ അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു അതിനെ മുഴുവനും തോലുരിച്ച് എറിഞ്ഞുകളഞ്ഞു അതിന്റെ കൊമ്പുകൾ വെളുത്തുപോയിരിക്കുന്നു യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി രട്ടുടുത്തിരിക്കുന്ന കന്നികയെപ്പോലെ വിലപിക്കാം ഭോജനയാകവും പാനീയയാകവും യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ദുഃഖിക്കുന്നു വയൽ ശൂന്യമായിത്തീർന്നു ധാന്യം നശിച്ചും പുതുവീഞ്ഞ് വറ്റിയും എണ്ണ ക്ഷയിച്ചും പോയിരിക്കാൻ ുഖിക്കുന്നു കൃഷിക്കാരെ ലജ്ജിപ്പീൻ മുന്തിരി തോട്ടക്കാരെ കോതമ്പിനെയും യവത്തെയും ചൊല്ലി മുറയിടുവീൻ വയലിലെ വിളവ് നശിച്ചുപോയല്ലോ മുന്തിരിവള്ളി വാടി അത്തിവൃക്ഷം ഉണങ്ങി മാതളം ഈന്തപ്പന നാരകം മുതലായി പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു ആനന്ദം മനുഷ്യരെ വിട്ട് മാഞ്ഞു പോയല്ലോ പുരോഹിതന്മാരെ രട്ടുടുത്ത് വിലപിപ്പീൻ യാഗപീഠത്തിന്റെ ശുശ്രൂഷകന്മാരെ മുറയിടുവീൻ എന്റെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെ ഭോജനയാകൂ പാനീയയാകൂ നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ മുടങ്ങിപ്പോയിരിക്കട്ടുടുത്ത് രാത്രി കഴിച്ചുകൂട്ടുവീൻ ഒരു ഉപവാസ ദിവസം നിയമിപ്പീൻ സഫായോഗം വിളിപ്പീൻ മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുവേൻ യഹോവയോട് നിലവിളിപ്പീൻ ആ ദിവസം അയ്യോ കഷ്ടം യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു അത് സർവശക്തന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ആഹാരവും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് സന്തോഷവും ഉല്ലാസഘോഷവും അറ്റുപോയല്ലോ വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു ധാന്യം കരിഞ്ഞുപോയിരിക്കാൽ പാണ്ഡികശാലകൾ ശൂന്യമായി കളപ്പുരകൾ ഇടിഞ്ഞു മൃഗങ്ങൾ എത്ര ഞരങ്ങുന്നു കന്നുകാലികൾ മേച്ചിലില്ലായക ബുദ്ധിമുട്ടുന്നു ആടുകൾ ദണ്ണം അനുഭവിക്കുന്നു യഹോവേ നിന്നോട് ഞാൻ നിലവിളിക്കുന്നു മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീക്കും പറമ്പിലെ വൃക്ഷങ്ങളെല്ലാം ജ്വാലയ്ക്കും ഇരയായി തീർന്നുവല്ലോ നീർത്തോടുകൾ വറ്റിപ്പോകയും മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീക്ക് ഇരയായി തീരുകയും ചെയ്തതുകൊണ്ട് വയലിലെ മൃഗങ്ങളും നിന്നെ നോക്കി കിഴയ്ക്കുന്നു